Vyāpāra vandohi kubindādiyū vyamādi nadishthāya vyabāraina Vyabāra mullā kubindādiyū Naita gārun vyamādi nadishthāya vyabāraina Naita -na bhagarnangla āsirai cittu pravrtekin Anadya stātma bhavasyatu dehādvishu ātmano na vyabārayogu asangatvā Anadya stiātma bhavasyatu dehādvishu ചൈതന്യത്തെ അധ്യസിക്കാത്തതായ ആത്മാവിന് ന വ്യാപാരോഗ്യാപാര ബന്ധമില്ല വ്യാപാരം അവിടെ സംഭവിക്കുന്നില്ല എന്നുകൊണ്ട് ആ അനധ്യസ്ഥ ആത്മഭാവൽ അധ്യാസം സംഭവിച്ചില്ല എങ്കിൽ അവിടെ വ്യാപാരം സംഭവിക്കില്ല എന്നുള്ള സംഗത്വമാണ് ആത്മാവിൽ അധ്യാസം സംഭവിച്ചിട്ട് പ്രവർത്തിക്കുന്നു ഇനി കുവിന്ദനാണെങ്കിൽ കുവിന്ദനും അവിടെ അധ്യാസം സംഭവിച്ചാലാണ് ഒരു പ്രവർത്തിക്കുന്നു എന്നാൽ കുവിന്ദൻ ഉപയോഗിക്കുന്ന ദുരിവ്യാമാരികളിൽ ദ്ധ്യാസം സംഭവിക്കുന്നുണ്ട് കുവിന്ദന്റെ വ്യാപാരം കൊണ്ട് അത് പ്രവർത്തിക്കുന്നു ആണ് വ്യത്യാസം കുവിന്ദൻ പ്രവർത്തിക്കുന്നു അത് അധ്യാസം കൊണ്ട് കുവിന്ദന്റെ പ്രവൃത്തി കൊണ്ട് ഹേമാദികൾ പ്രവർത്തിക്കുന്നു നെയ്ത്തുപകരണങ്ങൾ പ്രവർത്തിക്കും അവിടെ കുവിന്ദനും നെയ്ത്തുപകരണങ്ങളുമായിട്ട് അധ്യാസത്തിന്റെ ആവശ്യമില്ല കാരണം കുവിന്ദനിൽ പ്രവൃത്തി യാളത് ഉപയോഗിക്കും എന്നേയുള്ളൂ പക്ഷെ അതുപോലെ അല്ല ആത്മാവിന് അധ്യാസം വന്നുകഴിഞ്ഞാതെ ശരീരാധികൾ അപ്പൊ അവിടെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്തുകൊണ്ട് സ്വദേ അത് അസംഖമാണെന്നർത്ഥം ആദർശ അധ്യാസാശ്രയാണ് പ്രമാണാണി ആദർശ തികച്ചവശ്യം അവശ്യമായിട്ടും അധ്യാസാശ്രയാണ് ഈ പ്രമാണാൻ പ്രമാണങ്ങളെല്ലാം അധ്യാസത്തെ ആശ്രയിക്കുന്നു ആത്മാവും അനാത്മാവും തമ്മിൽ അധ്യാസം വരണം അധ്യാസം വരുമ്പോൾ അവിടെ പ്രമാതാവ് വരുന്നു പ്രമാതാവ് പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു എന്നുവെച്ചാൽ പ്രമാതൃത്വമന്ദിരേണ പ്രമാണ പ്രവൃത്തിരസ്ഥി അത് വിശദീകരിക്കുന്നു നേരത്തെ പറഞ്ഞു ദേഹേന്ദ്രിയാദിഷു അഹം അമ അഭിമാനരഹസ്യ രഹിത പ്രമാതൃത്വ അനുപത്വം പ്രമാണ പ്രവൃത്തി അനുഭത്തേ നേരത്തെ പറഞ്ഞാണ് ഭാഷ്യത്തിന് ദേഹേന്ദ്രിയദികളിൽ അഹം അമാഭിമാനമില്ലാത്തവന് അവനിൽ പ്രമാതൃത്വം വരുന്നില്ല അവിടെ പ്രമാണങ്ങൾ പ്രവർത്തിക്കില്ല ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാരം പ്രത്യക്ഷം തുടങ്ങിയ പ്രമകളും ഉണ്ടാകത്തില്ല ഇന്ദ്രിയാദി എന്ന് വെച്ചാൽ പ്രമാണങ്ങൾ പ്രവർത്തിക്കാതെ പ്രമ ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ അധിഷ്ഠാനമന്ത്രി ഇന്ദ്രിയാണ് വ്യവഹാര ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ ഒരു അധിഷ്ഠാനം വേണം എന്നുവെച്ചാൽ പ്രമാതാവ് വേണം അധ്യാസം കൊണ്ട് സിദ്ധിക്കണമെന്നർത്ഥം കൂടാതെ ധിഷ്ഠാന മന്ദിരയാണ് അധിഷ്ഠാനത്തുകൂടാതെ നേരത്തെ പറഞ്ഞു എന്നുവെച്ചാൽ അവിടെ ഇന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ അധിഷ്ഠാനം വേണം എന്തിനാശ്രയിക്കുന്നു പ്രമാദാവും പ്രമാദങ്ങളോ ഒന്നും അധ്യാസങ്ങളും അല്ലാതെ പ്രവൃത്തി നടക്കത്തില്ല അനധ്യസ്ഥാത്മഭാവേന ദേഹേന കസ്റ്റിദ് വ്യാപ്രിയതെ ആത്മചൈതന്യം ദേഹത്തിൽ അധ്യസിക്കാതെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഷ്യത്തിൽ എന്നുവെച്ചാൽ ഏതസ്മിൻ സർവസ്മിൻ അസതി പ്രമാതൃത്വ പൂർത്തി ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാല് ഏതസ്മിൻ സർവസ്മിൻ എന്നാണ് ഇതിരേതര ധർമ്മികൾ തമ്മിലുള്ള അധ്യാസവും ധർമ്മ അധ്യാസവും സംഭവിച്ചു കഴിഞ്ഞാല് സംഭവിച്ചില്ലെങ്കിൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ പോകില്ല കാരണം ർഗുണമാണ് നിർഗുണമായ ആത്മാവനം പ്രവർത്തിക്കുന്നതും ധർമ്മീയ അധ്യാസവും ധർമ്മ്യാസവും സംഭവിക്കാ പ്രമാതൃത്വം തരെയാണ് പ്രമാണ പ്രവൃത്തി പ്രമാതൃത്വം നേരത്തെ പറഞ്ഞു ഉച്ചതേ ദേഹേന്ദ്രിയാദു അഹമ്മമ അഭിമാന രഗതമാതൃത്വ അനൂപത്വം പ്രമാണ പ്രവൃത്തി പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞ പ്രമാതൃത്വം വെച്ചാൽ പ്രമേയെ സംബന്ധിച്ച കർത്തവ്യം അത് സ്വാതന്ത്ര്യമാണ് അപ്പോ അതെന്ത് ചെയ്യുന്നു ആ കൂടസ്ഥ ഞായ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല പ്രമാതാവ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന നേരത്തെ വ്യാഖ്യാനിച്ചു ഇപ്പൊ ഇവിടെ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാണ് പുനൊരുത്യല്ല അതിനൊന്ന് വ്യാഖ്യാനിക്കാണ് വെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവർത്തകര സ്ഥിതി എന്നുവെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവർത്തിക പ്രമാതാവില്ലാതെ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല അധ്യാസം കൊണ്ട് പ്രമാതാവ് ഉണ്ടാവും പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ അത് വിശദീകരിക്കുന്നു പ്രമായാം ഫലവും ഫലയെ സ്വതന്ത്ര പ്രമാതി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രമായാം ഫലയെ പ്രമാന്ന് പറയുന്നതാണ് ഫലം ഇപ്പൊ പ്രത്യക്ഷത്തിൽ നിന്നൊരു പ്രമേയം ഉണ്ടാവും പ്രത്യക്ഷ പ്രമാ ഫലമൊന്നും പറയും പൊതുവേ എല്ലായിടത്തും ഫലം എന്നുള്ള പേരല്ല പറയുന്നത് അതില് സ്വതന്ത്ര പ്രമാതാ ഭവതി അവിടെ പ്രമാതാവ് ആക്കാര്യത്തില് സ്വതന്ത്രനാണ് എന്തുകൊണ്ട് പ്രമാതാവാണ് കർത്താവ് പ്രമേയുടെ കർത്താവാണ് പ്രമാതാവ് അപ്പൊ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര കർത്താവ് എന്ന് പറയുന്നാല് സ്വാതന്ത്ര്യം ഉള്ളത് അപ്പൊ ഇവിടെ പ്രമേക്ക് പ്രമാതാവ് അപ്പൊ പ്രമാതാവിന് എന്തുണ്ട് ുംമേയസ്വഭാവ പ്രമ പ്രമ എന്താണെന്ന് വിശദീകരിക്കുകയാണ് പ്രമാണ എന്താണെന്ന് പറഞ്ഞു പ്രമേയുടെ കർത്താവും കർത്താവ് വെച്ചാൽ പ്രമേഹം സ്വാതന്ത്ര്യമുള്ളവർ പ്രമാണങ്ങൾ ഉപയോഗിച്ച് പ്രമേയം ഉണ്ടാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ളവനാണ് ആര് എന്നാ പ്രമേയം എന്തെന്നും പറയുന്നു അന്ധകരണ പരിണാമഭേദം പ്രമാറയുന്നു അന്ധകർണപരിണാമമാണ് ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്നതിന് പദ്ധതിയുള്ളൂ ബ്രഹ്മത്തിന് മാത്രമേ ശുദ്ധജ്ഞാനമായിട്ട് എടുക്കുന്നുള്ളൂ അല്ലാ സാധനം ഞാനെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവ് ബോധം എന്ന് നമ്മൾ പറയാം നമ്മള് ബോധമാണെന്നറിയണമെന്നൊക്കെ പറയുന്നു അപ്പൊ ഈ ബോധം എന്ന് പറയുന്നത് ശുദ്ധമായ അറിവല്ല പിന്നെ എന്താണ് അത് അന്ധക്കരണ പരിണാമത്തിൽ ശുദ്ധബോധത്തിന്റെ താതാമ്യം എന്നാണ് അന്ധക്കരണ പരിണാമത്തിൽ ശുദ്ധബോധത്തിന്റെ ാണ് നമ്മള് ബോധം എന്ന് പറയും ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ അറിവ് അത് കേവലമായ ബോധവുമല്ല കേവലമായ ജഡവുമല്ല രണ്ടും കൂടെ ചേർന്നാണ് കണ്ണാടിയും ആ കണ്ണാടിയിലെ സൂര്യപ്രകാശത്തിന്റെ പ്രതിഭയും പോകുമ്പോ ഇത് ആണ് അദ്വൈതത്തിന്റെ ഒരു പ്രത്യേകത അല്ല സാധാരണ ബോധം എന്ന് കേൾക്കുമ്പോൾ അതെന്തോ വിശുദ്ധമാണ് അതെന്തോ കൂടിയതാണങ്ങനെയും ധരിക്കാൻ പറഞ്ഞത് നമ്മുടെ ബോധം എന്ന് പറയുന്നത് ചിത്തഞ്ചടം ചിന്മയം എന്നിവർ പറഞ്ഞതാണ് മതി തൊട്ട് മണം മുതൽ അഞ്ചും ഉണർന്നു ആ മതി ബുദ്ധി അത് ചിന്മയം എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്തഞ്ചടവും കൂടെ കൂടി ചേർന്നതാണ് കേവലമായ ബോധം കേവലമായ ബോധം എന്ന് പറയുന്നത് ബ്രമോ അത് നമുക്ക് അറിയാൻ പറ്റുന്നതല്ല നമ്മൾ അനുഭവിക്കുന്നതല്ല അത് അന്ധക്കരണത്തിലേക്ക് താതാർമ്യപ്പെട്ട പൊതുതായി നമുക്ക് ബോധമുണ്ടായി അതാണ് സുഷുത്തിയിൽ കേവലമായ ചിത്തിരിക്കുന്ന പറയും കേവല ചിത്തവിടെയിരിക്കുന്നു അതാണ് സുഷ്ടറിയില്ല കേവല ചിത്തായ അറിയാൻ പറ്റത്തില്ല ഒന്നും അറിവുണ്ടാകത്തില്ല പിന്നെ സുഹൃത്തിയിൽ അജ്ഞാനം ഉണ്ടോ അസുഖമുണ്ടോ ഇതൊക്കെ തർക്ക വിഷയങ്ങളാണ് പലർക്കും അതിനൊക്കെ പല അഭിപ്രായമാണ് പക്ഷെ സുഷുതിയെ ശേഷിക്കുന്ന ആ അറിവ് ആത്മാവ് അതിനെ നമുക്കറിയാൻ പറ്റില്ല കാരണം അത് ശുദ്ധമായ അറിവാണ് അപ്പൊ അത് വരും അതിന് വരും അറിവ് ഏതായാലും ശരി അതിനെന്ത് വരും ചെത്തും വരും ഏതറിവും ബ്രഹ്മന്ന് അറിഞ്ഞാലും ശരി മനുഷ്യനെന്ന് അറിഞ്ഞാലും ശരി ദേവനം നിറഞ്ഞാലും ശരി എന്തറിഞ്ഞാലും അറിവുണ്ടായോ അവിടെ എന്തായിരിക്കും ചെത്തും ചെടുവായിരിക്കും ഏതറിവായാലും അതാണ് അന്ധക്കരണ പരിണാമം എന്ന് പറഞ്ഞാൽ വൃത്തിയെന്നാണ് അതിന്റെ അർത്ഥം അമ്പരമാസം എന്ന് പറഞ്ഞാൽ അവർ വൃത്തിയാണ് മറ്റുള്ള അറിവുകളേക്കാൾ അത് ശ്രേഷ്ഠമാണെന്ന് അത്രേയുള്ളു വ്യത്യാസം അല്ല അതിനു വേറെ പ്രത്യേകത അപ്പൊ പ്രമേയം പറയുന്നു അന്ധക്കരണ പരിണാമഭേദം ണത്തിന്റെ വിശേഷപരിണാമം ആണത് എന്ന് വെച്ചാൽ വൃത്തിയെന്നര്ത്ഥം പിന്നെ പ്രമേയപ്രവണ പ്രമേയം എന്ന് വെച്ച വിഷയം വിഷയപ്രവണെന്നു വെച്ചാൽ ആകാരം വിഷയ ആകാരത്തിലുള്ളതാണ് ശുദ്ധമായ ബ്രഹ്മം അസംഖ്യമായ ബ്രഹ്മം അതിന് ആകാരമില്ല കൊണ്ടാണ് അത് പക്ഷെ പ്രമ എന്ന് പറയുന്ന നമ്മൾ ബോധം അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് എന്താണ് അത് വിഷയാകാരമാണ് ഇപ്പോഴും വിഷയാകാരമായിട്ടേ ബോധം ഉണ്ടാകത്തുള്ളു നിർവികല്പ ബോധം എന്ന് പറഞ്ഞാൽ അതിശുദ്ധമായ ബോധം എന്നുവെച്ചാൽ ആത്മാവാണ് അതിന് പ്രതി രൂപമൊന്നുമില്ല പക്ഷെ നമ്മൾ ഓരോ വിഷയങ്ങളെ കുറിച്ച് അറി അതെല്ലാം പ്രമേയ പ്രമണമാണ് പ്രവണമാണ് പ്രമേയ അറിയുന്ന വിഷയത്തിന്റെ രൂപത്തിലാണ് പുസ്തകത്തെ അറിയുന്നു അറിവ് പുസ്തകത്തിന്റെ പുസ്തകത്തെ വിഷയമാക്കുന്നു പിന്നെ കർത്തൃസ്തഹ പ്രമാതാവനാണ് അതിരിക്കുന്നത് കർത്താവ് വെച്ചിവിടെ പ്രമാതാവ് എന്തിനു പ്രമയ്ക്ക് കർത്താവായിരിക്കുന്ന ആളാണ് എന്തു പറയുന്നത് പ്രമാതാവൻ സ്ഥിതി ചെയ്യുന്നതാണ് അത് ജ്ഞാനസ്വരൂപമാണ് നേരത്തെ പറഞ്ഞു അന്ധക്കരണ പരിണാമവും അപ്പൊ വൃത്തിയുമാണ് അന്ധക്കരണത്തിന്റെ പെരുമാണം അതായത് വൃത്തിയുമാണ് ജ്ഞാനവുമാണ് അതാണ് അപ്പൊ ഇതിങ്ങനെയിരിക്കും അറിവെന്ന് പറയുന്ന അല്ലാതെ ശുദ്ധമായ ബ്രഹ്മമല്ല അതുകൊണ്ടാണ് ശുദ്ധമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ലെന്ന് പറയും അതറിയാൻ വഴിയെന്ന് ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുന്നത് പ്രമേയാണ് അത് അന്ധക്കരണ വൃത്തിയാണ് അത് ചൈതന്യസ്വരൂപമാണ് അത് പുസ്തകത്തെ വിഷയമാകുന്നതാണ് പ്രമാതാവിലാണ് അതിരിക്കുന്നത് പ്രമാതാവിലിരിക്കുന്നു എന്ന് പ്രത്യേകം എന്തുകൊണ്ട് പറയുന്നു അത് കേവലമായ ശരീരത്തിലല്ലേ ഇരിക്കുന്നു കേവലമായ ശുദ്ധ ബോധത്തിലും അല്ല ഇത് ഞങ്ങളുടെ തടങ്ങിപ്പണുമ്പം അതിൽ സംഭവിക്കുന്ന ഒന്നാണെന്ത് പ്രമാതാവ് അവിടെയാണ് ബോധം ഇരിക്കുന്നത് ചൂവോ ഭവത് ചിദാത്മാത്രേ ചോദിക്കുന്നു ജഡന്ധകരണത്തിന്റെ പരിണാമമാണ് വൃത്തി എന്ന് പറഞ്ഞു അത് കഥം ചത്രുപോ അതെങ്ങനെ ജ്ഞാനസ്വരൂപമാകും കണ്ണം അന്തൊക്കെ ജലമാണ് അതിന്റെ പരിണാമമാണ് വൃത്തി അതങ്ങനെ ജ്ഞാനസ്വരൂപമാകും എന്തുകൊണ്ടാകത്തില്ല എത് ചിതാത്മാവ് അധ്യസാത്മാവ് അധ്യസിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിതാത്മാവ് അവിടെ അധ്യസിക്കാതിരുന്നു കഴിഞ്ഞാൽ വൃത്തിജ്ഞാനമാകത്തില്ല വൃത്തി ഞാൻ വാങ്ങണമെങ്കിൽ എന്ത് മനസിലാക്കണം ചിതാത്മാവ് പറയുന്നു പറയുന്നു ചിതാത്മാദി തന്നിതാത്മാറഞ്ഞ ബ്രഹ്മം തന്ധകർ നേരത്തെ പറഞ്ഞ ജഡസ് അന്ധകർണപരിണാമത്തിൽ തത്ര എന്താണ് എന അധ്യസ് ചെയ്താതിൽ താതന്യപ്പെടാതിരുന്നുകഴിഞ്ഞാൽ ആ പരിണാമം ചിത്രൂപോ കദംബേദങ്ങനെ ചിത്രൂപമാവും ജ്ഞാനസ്വരൂപമാവും അപ്പോ ഇവിടെ എന്താണ് അന്ധക്കരണ പരിണാമം ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനമാണ് അതുകൊണ്ടെന്ത് മനസ്സിലാക്കാം അവിടെ വിശുദ്ധമായ ബ്രഹ്മം അങ്ങോട്ട് താതാന്യപ്പെട്ടിരിക്കുകയാണ് അധ്യസിച്ചിരിക്കുകയാണ് ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ അദ്വൈതം ശരിയാവത്താണ് ശുദ്ധമായ ഒരു ബ്രഹ്മം വേണം അതിനൊരു തകരാറ് സംഭവിക്കാൻ പാടില്ല നിത്യനിർവികാരമായിരിക്കണം എന്നാൽ ഇവിടെ ഇതിനെല്ലാം അറിയാൻ ഒരാള് വേണം അപ്പോ ശുദ്ധമായ ആ ബ്രഹ്മത്തിൽ ഒരു വികാരം സംഭവിക്കില്ലെങ്കിൽ ഇതിനെ അറിയുന്നേരും അതിനൊരു പ്രമാതാവ് വേണം അപ്പൊ ആ പ്രമാതാവ് ആരാണ് ഈ പ്രമേയം ഉണ്ടാക്കുന്നയാളാണ് അതിന്റെ കർത്താവാണ് അതിന് അധ്യാസം വേണം അധ്യാസം വരുമ്പോൾ പ്രമാതാവിൽ നിന്ന് പ്രമേയം ഉണ്ടാവും ആ പ്രമെന്ന് പറയുന്നത് എന്താണ് ചിത്തും ജഡവും ചേർന്നതാണ് എന്തുകൊണ്ടവിടെ അതിചിത്തും ജടവും ചേർന്നതായി അത്യാസം ഇത്രയും അടിസ്ഥാനപരമായി മനസിലാക്കിയാലേ അദ്വൈത എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കും കഥം ച യേഷ ചിതാത്മകർത്തൃവോ ഭവേദും ഇനി അധ്യാസം സംഭവിച്ചില്ലെങ്കിൽ യേഷ എന്ന് വെച്ചാ ഈ പരിണാമം അന്ധക്കരണ പരിണാമം ചിതാത്മകർത്തൃവോ ഭവേദിതാത്മാ ഇതിന്റെ കർത്താവായി തീരുന്നെങ്ങനെ അധ്യാസം സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ ചിതാത്മാന്ന് പറയുന്നത് പ്രമാതാവിനെയാണ് പ്രമാതാവ് ഈ വൃത്തിയുടെ കർത്താവണമെങ്കിൽ എന്തുവേണം അധ്യാസ സംഭവിക്കും അതാണ് എതിലൂടെ അന്വേഷിക്കണം അധ്യസിക്കാതിരുന്ന് കഴിഞ്ഞാൽ അധ്യസിക്കാതിരുന്ന് കഴിഞ്ഞാൽ കഥം എങ്ങനെ ശേഷാന്ന് വെച്ചാൽ അന്ധക്കരണ പരിണാമം അത് ചിതാത്മകർത്തൃ ഭവന അത് എന്റെ കർത്താവ് ചിതാത്മാവാകും പ്രമാതാവാകും ശുദ്ധമായ ആത്മാവ് ഒരിക്കലും ് കർത്താവണെങ്കിൽ എന്ത് സംഭവിക്കണം അധ്യാസ സംഭവിക്കാം ഇവിടെ പറയണം യഥി അന്ധകർണം വ്യാപാരവത് ചിതാത്മനിന് അധ്യസ്ഥ ചെയ്തു വീണ്ടും പറയുന്നു യതി അന്ധകർണം അന്ധകർണെന്ന് പറയുന്നത് വ്യാപാരവത് പ്രവൃത്തിയോട് കൂടിയതായി ചിതാത്മന അധ്യസം ചിതാത്മാവിൽ അധ്യസിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്താണ് അധ്യാസം സംഭവിച്ചില്ലെങ്കിൽ എന്താണ് ഈ വൃത്തിയെ ഉണ്ടാക്കും ചിതാത്മാവ് കർത്തൃപോന്നുവെച്ചാൽ ചിതാത്മാവ് ഒരിക്കലും കടത്താവാകത്തില്ല ശുദ്ധ ചെയ്യുന്നു പിന്നെ പ്രമാതാവ് എങ്ങനെ കടത്താവാകും പ്രമാതാവ് കർത്താവണെങ്കിൽ എന്ത് വേണം ഈ അന്ധകരണത്തെ പ്രവൃത്തിയുള്ള അന്ധകരണത്തെ പരിണാമം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അന്ധകരണത്തെ ആ ചിതാത്മാവിൽ അധ്യസിക്കണം അധ്യസിച്ചാൽ മാത്രമേ പ്രമ ഉണ്ടാകത്തുള്ളൂ പ്രമാതാവും ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ പ്രമയ്ക്കൊരു കർത്താവ് വേണം ശുദ്ധ ബ്രഹ്മത്തിന് പ്രമയുടെ കർത്താവാന് പറ്റത്തില്ല പിന്നെ ആരാണ് പ്രമേയുടെ കർത്താവ് പ്രമാതാവ് ആ പ്രമാതാവ് എന്ന് പറയുന്ന ഒരു കർത്താവ് വേണമെങ്കിൽ അന്ധകരണത്തെ അങ്ങോട്ട് അധ്യസിച്ച പോലെ പിന്നെയോ പരിണാമമുള്ള അന്ധകരണത്തെ അങ്ങോട്ട് അധ്യസിക്കണം കാരണം ആ പരിണാമമാണ് പ്രമ വ്യാപാരമുള്ള അന്ധകരണത്തെ എവിടെ അധ്യസിക്കണം ചിതാത്മാവൻ അതാണ് പറഞ്ഞ അന്ധകരണം വ്യാപാരവ് ചിതാത്മനു അധ്യസ്ഥ ചെയ്യും വ്യാപാരമുള്ള പ്രധാന വ്യാപാരം എന്തൊക്കെ പരിണാമമാണ് ആ പരിണാമമുള്ള അതിനെ അങ്ങോട്ട് അധ്യസിക്കണം അധ്യാസ ചിതാത്മകർത്തും പ്രമാഫലം സിദ്ധ്യ തസ്മാ അതുകൊണ്ടൊന്നു വരുന്നു ഇതരേതര അധ്യാസ അത് അംഗീകരിച്ചേ പറ്റും എന്തൊക്കെ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം ഇതാണ് തുടക്കം വിഷമദ പ്രത്യേകോ ജനയോഹോ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് വിഷയമാണ് ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് അവിടെ മുതൽ ഇതുവരെ ചർച്ച ചെയ്തു എന്തീകരിക്കേണ്ടി വരും ഇതരേതര അധ്യാസ പരസ്പര അധ്യാസം സിദ്ധതി അധ്യാസം കൊണ്ട് ചിതാത്മകർത്വം ചിതാത്മാ പ്രമാതാവ് പ്രമാതാവാകുന്ന കർത്താവാണ് ചിതാത്മകർത്താവ് ചിതാത്മകർത്തൃത്ഥം എന്ന് പറഞ്ഞാൽ പ്രമാതാവാകുന്ന കർത്താവിനുള്ള പ്രമാഫലം പ്രമാരൂപത്തിലുള്ള ഫലം സിദ്ധ്യത അപ്പോ ചുരുക്കത്തിൽ എന്താണ് നമുക്ക് അറിവുണ്ടാകണമെങ്കിൽ ഈ നാനാതരത്തിലുള്ള അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം അധ്യാസ സംഭവിക്കണം അധ്യാസ സംഭവിക്കണം അധ്യാസം എന്ന് പറയുന്നത് തമ്മിൽ ആത്മാവും ശരീരാധികളും തമ്മിൽ അധ്യാസം സംഭവിക്കും അധ്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആര് പ്രത്യക്ഷപ്പെടും ചിതാ ചിതാത്മാവ് എന്തിനുണ്ടാക്കും ചിതാത്മാവ് എന്തിനുണ്ടാകും ചിതാത്മാവ് പെർമുണ്ടാകുന്ന എന്തുകൊണ്ട് അന്ധക്കണ്ണത്തിൽ പരിണാമം സംഭവിക്കുന്നു അതില് ചൈതന്യ താതാത്മ്യം ഉള്ളത് കൊണ്ട് അപ്പൊ അദ്വൈതത്തിൽ അനുസരിച്ച് ഇത് മനസ്സിലാക്കിയാ എന്താണോ ഒരു ജീവൻ അറിവുണ്ടാവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം അത്യാസം സംഭവിക്കുന്ന അറിവ് അതുകൊണ്ട് ഈ അറിവിനെ അല്ല ഈ അറിവിനെയല്ല എന്തെന്ന് പറയുന്നത് ചിതാത്മാവെന്ന് പറയും ഈ ചിതാത്മാവ് ഉണ്ടാക്കി അറിയിന് ചിതാത്മാവ് സൃഷ്ടിച്ചറിമേന്നും ആരാണോ ചിതാത്മാവെന്ന് വെച്ച പ്രമാതാവ് പ്രമാതാവ് സൃഷ്ടിച്ച് അറിവിനെ എന്ന് പറയും പ്രമ ആരാണോ ഈ പ്രമേയം ഉണ്ടാക്കുന്ന ആളിനെ പ്രമാതാവ്ന്ന് പറയും അതിന്റെ പിന്നിലിരിക്കുന്ന ആണ് ആര് ശുദ്ധ ബ്രഹ്മം ശുദ്ധ ബ്രഹ്മ ഒന്ന് ശുദ്ധ ബ്രഹ്മം അതിനൊന്നും ഇടപെടുന്നുണ്ട് അടുത്ത് പ്രമാതാവ് ഒടുവിൽ അപ്പൊ അറിവാണ് ബ്രഹ്മം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഏതിനെടുക്കണം ശുദ്ധ ബ്രഹ്മത്തെ നമ്മുടെ ഈ അറിവിനെടുക്കരുത് അതാണ് അദ്ദേഹം പറയുന്നത് ചിതാത്മകർതൃത്വം എന്ന് വെച്ചാൽ പ്രമാതാവിൽ സ്ഥിതി ചെയ്യുന്ന പ്രമാഫലംന്ന് വെച്ചാൽ പ്രമാരൂപത്തിലുള്ള ഫലം പ്രമാതൃത്വം പ്രമസിദ്ധമായി കഴിഞ്ഞാൽ എന്തുവരും പ്രമാതൃത്വം കാരണം പ്രമാതാവിനാണ് പ്രമേയം നമ്മൾ പ്രമേയം അംഗീകരിച്ചാൽ അവിടെ എന്തിനാ അംഗീകരിക്കേണ്ടി വരും പ്രമാതാവിനെ അംഗീകരിക്കും പ്രമേയം എല്ലാരും അംഗീകരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അറിവുണ്ടല്ലോ അറിവിനംഗീകരിച്ചേ പറ്റൂ അറിവിനങ്കീരിച്ച അപ്പൊ മനസ്സിലാകണമെന്താണ് ഇതിന്റെ പിന്നിൽ ഈ അറിവിനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട് അത് പ്രമാതാവാണ് ആരല്ല ശുദ്ധ കഴിഞ്ഞ ശരീരമല്ല അന്ധക്കരണമല്ല പ്രമാതാവാണ് അതാണ് തസിദ്ധവും പ്രമാതൃത്വം സിദ്ധമായി പ്രമാഫലം സിദ്ധമായി കഴിഞ്ഞാൽ എന്തുവരെന്നും പ്രമാതത്വം എന്നാണ് ചിന്തിക്കുന്നത് താമേവ പ്രമാരീകൃത്യ പ്രമാണത്തിമാം അങ്ങനെ പ്രമാതാവ് സൃഷ്ടിച്ചതായ പ്രമാ അങ്ങനെയാണ് താമേവ പ്രമാം എന്ന് പറഞ്ഞത് പ്രമാതാവ് സൃഷ്ടിച്ചതായ മ പ്രമേയെ എന്താണ് ഉരരീകൃത്യ പ്രാമാണ പ്രവൃത്തി അതിന് ഉരരീകൃത്യന്ന് വെച്ചാൽ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രമേയ അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് പ്രാമാണ്യം അല്ലെങ്കിൽ പ്രമാത്വം സംഭവിക്കുന്നത് പ്രമാത്വയുടെ പ്രമേയിൽ വരും പ്രമേയൽ വരുന്ന പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണ്യം എന്ന് പറയുന്നത് എന്താണ് അതങ്ങനെ വരും ഗോവിലെ ഗോത്വം ഇരിക്കത്തുള്ളു അശ്വത്തിലെ അശ്വത്വം ഇരിക്കത്തുള്ളു ഇപ്പൊ പ്രമേയനെന്ത്രിക്കത്തുള്ളൂ പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണി പ്രമാത്വം എന്ന് പറഞ്ഞാലും പ്രാമാണിയെന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ് അപ്പൊ ജ്ഞാനത്തിന് പ്രാമാണിം അങ്ങനെ വരുമെന്നു പറഞ്ഞ രണ്ടു തരത്തിലുണ്ട് ഏതൊക്കെയാണ് പ്രമേയും അപ്രമേയും അല്ല പ്രമേന വരുന്ന പ്രമാത്വത്തെയാണ് പ്രാമാണ്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിലങ്ങനെ പ്രാമാണ്യം വരും എന്നാണ് പറയുന്നത് പ്രമാ പ്രമാതാവ പ്രമേയെ സൃഷ്ടിക്കുമ്പം ആ പ്രമേലെന്തോരം പ്രാമാണ വരും എന്നർത്ഥം ആണ് ഇവിടെ പറഞ്ഞത് ഭാഷയത്തിൽ പ്രമാതൃത്വമന്തിരേണ പ്രമാണ പ്രവൃത്തിരസ്തീ അവിടെ പ്രമാതൃത്വമന്ദിരേണ എന്ന് പറയുന്ന പറയുന്നു ഭാമതിയുടെ പ്രമാതൃത്വനുജ പ്രമാ ഉപലക്ഷ്യത പ്രമാതൃത്വം എന്ന് പറഞ്ഞെങ്കിലും പ്രമേയെ കൂടി എടുത്തു പോകണം എന്നു വെച്ചാൽ പ്രമാണവും പ്രമയും കൂടാതെ പ്രമാണം പ്രവർത്തിക്കത്തില്ല പ്രമാണ ശ്രദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞു പ്രമാണം പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട് അവിടെ പിന്നിലവര് പ്രമാതൃത്വം കൊണ്ട് മുന്നിലുള്ളവര് പ്രമേയുണ്ട് ആണ് പറയുന്നത് ഉപലക്ഷിത എന്ന് വെച്ചാൽ ഉപലക്ഷണമായി ഗ്രഹിക്കണം ഉപലക്ഷണം എന്ന് വെച്ചാൽ സ്വബോധകത്വം ശ്രദ്ധീകരിക്കും സ്വൈതരബോധകത്വം ഇപ്പൊ പ്രമാതൃത്വം എന്നുള്ള വാക്ക് പ്രമാതത്വത്തെ ബോധിപ്പിക്കും അതാണ് സ്വബോധകം സുഹിതരമായ പ്രമേയും ബോധിപ്പിക്കും ഇപ്പൊ ഒരു വാക്ക് ഉപലക്ഷണമായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ കിട്ടും അവിടെ പ്രമാതൃത്വം എന്ന് പറയുന്ന വാക്ക് ഭാഷയുകാരൻ ഉപലക്ഷണമായി പ്രയോഗിച്ച് രണ്ടർത്ഥം കിട്ടാൻ ഒരർത്ഥം ഈ പറഞ്ഞത് തന്നെ പ്രമാതൃത്വം മറ്റൊരർത്ഥം എന്താണ് പ്രമ ഇതാണ് പ്രമാതൃത്വം കർത്താവ് അത് കഴിഞ്ഞ് പ്രമാണോ അത് പ്രമ ഇപ്പൊ പ്രമാതൃത്വത്തിന്റെയും പ്രമേയം മദ്യത്തിൽ വരുന്നതാണ് പ്രമാണം ഇപ്പൊ പ്രമാതാവ് പ്രമാണങ്ങൾ ഉപയോഗിച്ച് പ്രമേയെ സൃഷ്ടിക്കും അതാണ് നമ്മളി സംഭവിക്കുന്നത് ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എല്ലെന്താ സംഭവിക്കുന്നത് എന്റെ അറിയില്ലിരുന്ന് അറിയുന്നവനായ പ്രമാതാവ് എന്റെ ചക്ഷുര ഇന്ദ്രിയം തുടങ്ങിയ കർണങ്ങൾ ഉപയോഗിച്ച് എന്റെ ഉള്ളിൽ പ്രമേയം സൃഷ്ടിക്കും യഥാർത്ഥമായ അനുഭവത്തെ സൃഷ്ടിക്കുന്നു കൂടുതൽ എല്ലാം കാരണം എന്താണ് പ്രമാഹ ഫലസ്യ അഭാവേ പ്രമാണെന്നെ പ്രവർത്തയിതാ പ്രമേയില്ലെങ്കിൽ പിന്നെ പ്രമാണില്ല പ്രമാണത്തിന് എന്തിനാണ് പ്രവർത്തിക്കുന്നത് പ്രമാണം പ്രവർത്തിക്കുന്ന എന്തിനാണ് പ്രമയ്ക്ക് വേണ്ടിയാണ് പ്രമേയമില്ലെങ്കിൽ പിന്നെ പ്രമാണത്തിന് എന്ന് വെച്ചാൽ വിശുദ്ധമായ ബ്രഹ്മം ശുദ്ധ ബ്രഹ്മത്തിൽ പ്രമേയില്ല അതുകൊണ്ട് തന്നെ അവിടെ പ്രമാണവും ഇല്ല അതാണ് പ്രമയാ ഭാവയെ പ്രമേയാണ് ഫലം അതില്ലെങ്കിൽ പ്രമാണം എന്നെ പ്രവർത്തിക്കുക പിന്നെ പ്രമാണം പ്രവർത്തിക്കുന്നില്ല തഥാറ്റ പ്രമാണം അപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പ്രമാണം പ്രമാണമല്ലാതായിത്തീരും പ്രമേയല്ലെങ്കിൽ കാഴ്ചയേ ഇല്ല പിന്നെന്താ കണ്ണ് കാഴ്ചയില്ലാത്തവന് കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് കണ്ണുള്ളവൻ എന്നൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം കാഴ്ച വേണം കാഴ്ച അല്ലെങ്കിൽ പിന്നെ കണ്ണുള്ളവൻ എന്ന് പറയും അതുപോലെ തന്നെ ഇവിടെ പ്രമ ഇല്ല എങ്കിൽ പിന്നെ പ്രമാണവും പ്രമാണവും അതായത് കാഴ്ചയില്ലെങ്കിൽ കണ്ണ് കണ്ണല്ല കണ്ണെന്ന് പറയാം പക്ഷെ അത് കണ്ണല്ല എന്നുകൊണ്ട് അത് കാഴ്ച ഉണ്ടാക്കുന്നില്ല അതുപോലെയാണ് പ്രമാണം പ്രമാണം അപ്രമാണം അപ്പോ ആ ചർച്ച ചെയ്ത വിഷയം ഇവിടെ വസംഹരിക്കാണ് വസുംഹരി തസ്മാത് അവിദ്യാവത് വിഷയണ്വ പ്രത്യക്ഷാധീന പ്രമാണാദീ ഭാഷയത്തിൽ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് കഥം പുനഃ അവിദ്യാവുന്ന വിഷയമാണ് പ്രത്യക്ഷാദി പ്രമാണാതി ശാസ്ത്രാണ് ഇതാണ് ചോദ്യം പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എങ്ങനെയാണ് അജ്ഞനെ ആശ്രയിക്കുന്നത് അവിദ്യയുള്ളവനെ എങ്ങനെ ആശ്രയിക്കും ഇതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിനോട് ഇവിടെ പറഞ്ഞു എന്താണ് പ്രത്യക്ഷാതി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എന്താണ് അവിദ്യയുള്ളവനെ ആശ്രയിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് അവിദ്യയുള്ളവനെ ആശ്രയിക്കുന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അധ്യാസം ഉള്ളത് കൊണ്ട് എന്തുവരുന്നു അവിദ്യയുള്ളവനെ ഇതെല്ലാം ആശ്രയിച്ചിട്ട് എന്ത് വരുന്നു പ്രമേയം ഉണ്ടാകും അപ്പൊ അവിദ്യക്കൊരു ഉപയോഗമുണ്ട് പ്രമേയം പ്രമേയം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അവിദ്യ വേണം എന്തുകൊണ്ട് അവിദ്യ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അധ്യാസം ഉണ്ടാവുന്നത് അവിദ്യ തന്നെ അധ്യാസം അവിദ്യ ഉള്ളതുകൊണ്ട് അധ്യാസം ഒന്നല്ല അവിദ്യ തന്നെ അധ്യാസം അപ്പൊ അധ്യാസത്തെ ആശ്രയിച്ചിട്ടാണ് പ്രമേയം ഉണ്ടാവുക അപ്പൊ അവിദ്യ അല്ലെങ്കിൽ അധ്യാസത്തിന്റെ ഒരു പ്രയോജനം പ്രമേയം ഉണ്ടാക്കുക എന്നുള്ള ആ പ്രമേയം തെയ്യുന്നു ഈ അധ്യാസത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അധ്യാസത്തെ ആശ്രയിച്ച് പ്രമേയം ഉണ്ടായിട്ട് എന്താണ് ആ പ്രമേയം എന്ത് ചെയ്യുന്നു അധ്യാസത്തെ നശിപ്പിക്കുന്നു പറഞ്ഞ തോളി കേറിയിരുന്നു ചെവി കടിക്കുക തോളി കയറി ചെവി കടിക്കുന്നു പറയും പോലെയാണ് ആ വിദ്യയെ പ്രമ ആ പ്രമേയ എന്ത് ചെയ്തു അതാണ് ഇവിടെ പറഞ്ഞത് അതാണ് ഇവിടെ പറഞ്ഞത് തസ്മാത് അതുകൊണ്ട് അവിദ്യാവത് വിഷയാണ്യവ അവിദ്യ ഉള്ളവനെ ആശ്രയിക്കുന്നതാണ് പ്രത്യക്ഷാദിപ്രമാ പ്രത്യക്ഷാദീനി പ്രമാണാതി ശാസ്ത്രമാണ് പറഞ്ഞ കാര്യം അവിടെ അവസാനിപ്പിച്ചു പ്രത്യക്ഷാദിപ്രമാണങ്ങളും ശാസ്ത്രങ്ങളും